തധാ സു പി അതിമധുരാസ്വാദ സന്തോഷോ ദോഷനാ യഥ അതിമധുരാസ്വാദ അതിമധുരം ആസ്വാദോ എസ് സന്തോഷത്തിന്റെ വിശേഷണമാണ് കേൾക്കുന്നില്ല അതിമധുരം ആസ്വാദോ യസ് സൗണ്ട് കൂട്ടാവുന്നുണ്ട് കൂടുന്നില്ല മതിയോ യഥായ പ്രകാരമാണോ അതിമധുര അസ്വാദം അതിമധുരം ആസ്വാദം യെസ് അതിമധുരം എന്ന് പറയുന്ന അത്യാം ആസ്വാദനമായ അതിന്റെ അനുഭവം ആനന്ദാനുഭവം അത് ദോഷമാശ ദോഷത്വം നശിപ്പിക്കുന്നതാണ് അതാണ് സന്തോഷം ഏറ്റവും വലിയ ആനന്ദ അനുഭവമാണ് സന്തോഷം അത് ദോഷങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ് അത് യഥ സുഖേ അതെങ്ങനെയാണോ മനുഷ്യനെ സൂചിപ്പിക്കുന്നത് മനുഷ്യരെ സുഖിപ്പിക്കുക എന്ന് വെച്ചാൽ മനുഷ്യരെ സംതൃപ്തരാക്കും ആനന്ദം മനുഷ്യനെങ്ങനെയാണ് സംതൃപ്തരാക്കുന്നത് തഥ അതുപോലെ ഏതാ പീയൂഷ രസബീജനസുഖേന്ദ്രി പീയൂഷ രസബീജികൾ അമൃതപാലം നിരന്തരമായ അമൃതപാനം പോലും മനുഷ്യനെ അതുപോലെ സന്തോഷിപ്പിക്കുകയില്ല സന്തോഷം എന്ന് പറയുന്ന ഇവിടെ പറയുന്നത് നിരന്തരമായ ആനന്ദാനുഭവമാണ് അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്നതാണ് അത് എങ്ങനെയാണോ മനുഷ്യനെ സൂചിപ്പിക്കുന്നത് അതുപോലെ അമൃതപാനം പോലും മനുഷ്യരെ ശ്രദ്ധിക്കുന്നു അതും സന്തോഷത്തെ സ്തുതിക്കുകയാണ് പി ജി എന്ന് വെച്ചാൽ എൻ്റെ തരംഗങ്ങൾ തരംഗങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ തുളർച്ചയെ കാണിക്കാൻ നിരന്തരമായ അമൃതാസ്വാദം അപ്രാപ്തവാഞ്ചാം ഉത്സൃജ്യ സമ്പ്രാപ് സമതാംഗത അതിഷ്ടഖേദാഖേദം യസ് സന്തുഷ്ടയോചാപ്തവാഞ്ചാം ഉത്സൃജ്യ നേടാൻ കഴിയാത്തതിലുള്ള ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇതുവരെ എനിക്ക് നേടാൻ കഴിയാത്തതിലുള്ള ദുരാഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് പ്രാപ്ത അഞ്ചാം സൃജ്ജ സമദ്രാ സംപ്രാപ്തി സമതാങ്കം എന്താണോ പ്രാപ്തമായത് അതിന് സമത്വ ബുദ്ധിയോടുകൂടിയിരിക്കുക അതാണ് സന്തോഷം അതാണ് സന്തോഷം ആ സമത്വം എന്ന് പറയുന്നത് എന്താണ് അതിഷ്ട ഖേദാഖേദവും ഖേദം ദുഃഖം അഖേദം അതിന് നേരെ വിപരീതമായിട്ടുള്ള ഹർഷം ദുഃഖവും ഹർഷവും അനുഭവിക്കാത്തവൻ അതാണ് അധിഷ്ഠേദി അതാണ് സമതാവെന്ന് പറയും അവനാണ് ഇഹ സന്തുഷ്ട വി അവനൂടെ ഈ പ്രകടനത്തിൽ സന്തോഷമൊന്നും പറയും ഇതുവരെ നേടാൻ കഴിയാത്തതിനുള്ള ദുരാഗ്രഹങ്ങളില്ല എന്താണോ അവന് നേടാൻ കഴിഞ്ഞത് അതിനെല്ലാം അവൻ ഹർഷവിഷാദങ്ങൾ കൂടാതെ ഇരിക്കുന്നു അവൻ സന്തുഷ്ടനാണ് ഭീതി നമുക്ക് പറയുന്ന ആവശ്യമില്ല ആത്മനാത്മനി സന്തോഷം യവതിയാദി നാനസംബവന്തി അബദ്ധസ്ഥാവം മാനസം സന്തോഷം മാനസികമായ സന്തോഷത്തിൽ ആത്മനാ ആത്മനീയാതി മനസ്സുകൊണ്ട് തന്നിൽ ആത്മാവിൻ ഏതുവരെ നേടാൻ കഴിയുന്നില്ലയോ യവത്നയാതി സന്തോഷം മാനസികമാണ് അത് മനസ്സുകൊണ്ട് തന്നെ തന്നിൽ നേടണം അത് നേടാൻ കഴിയാത്തിടത്തോളം കാലം യാവത്താവത്ത് അതുവരേക്കും ആപതഭവന്തി ആപത്തുക്കൾ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏതുപോലെ ലതോ ഇവ മനമോമില്ലാതെ മനസ്സാകുന്ന അതിൽ നിന്ന് വള്ളിച്ചെടികൾ പുറത്തേക്ക് വളർന്നു വരുന്നത് പോലെ മനസ്സിൽ നിന്ന് ആപത്തുകൾ പുറത്തേക്ക് എങ്ങനെയാണെങ്കിൽ സന്തോഷം അത് മാനസികമാണ് സന്തോഷത്തെ മനസ്സുകൊണ്ട് നേടണം ഇവരൊക്കിവിടെ പെടുന്നത് ബാഹ്യമായ വിഷയങ്ങൾ കൊണ്ടല്ല സന്തോഷത്തിന് നിലയുള്ളത് അത് പ്രാപ്തമായാലും അപ്രാപ്തമായാലും മനസ്സുകൊണ്ട് സന്തോഷത്തിന് നേടും ആ നേടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും മനസ്സിലും ദുഃഖങ്ങൾ കടന്നു കൊണ്ടുമുണ്ട് ആധ്യാത്മികമായ ശാസനങ്ങളെല്ലാം പ്രധാനമാനും പറയുന്നതാണ് ഭൗതികമായ സാഹചര്യങ്ങളനുസരിച്ചല്ല വിഷയങ്ങളനുസരിച്ചല്ല സന്തോഷം മനസ്സിൽ നിലനിൽക്കുന്നത് അത് മനസ്സിന്റെ തന്നെ ശേഷി മനസ്സുകൊണ്ട് മനസ്സിൽ സന്തോഷത്തും നിലനിർത്തുക സന്തോഷ ശീതളം ചെയ്തു ശുദ്ധവിജ്ഞാന ദൃഷ്ടി ദൃശ്യം വികാസമായ സൂര്യ സൂര്യ അംശുരിക അമ്പൂജം സൂര്യാംശുഭിരി പൂജം സന്തോഷശീതലം ചെയ്ത മനസ്സ് സന്തോഷം കൊണ്ട് ശീതളമായ ശാന്തമായിരിക്കുന്ന മനസ്സ് ശുദ്ധവിജ്ഞാന ദൃഷ്ടി ശുദ്ധവിജ്ഞാനമാകുന്ന കണ്ണുമുണ്ട് വിജ്ഞാനം തന്നെ കണ്ണു ശുദ്ധമായ വിജ്ഞാനം ാസമായാൽ വളരെ വികാസത്തെ പ്രാപിക്കും സന്തോഷം കൊണ്ട് മനസ്സിന് ശാന്തി വരുന്നു ശാന്തി കൊണ്ട് മനസ്സ് വികാസത്തെ പ്രാപിക്കുന്നു ഏതുപോലെ സൂര്യ അംശുധിരിവ അംഭുജം താമരങ്ങനോ സൂര്യരശ്മികളെ കൊണ്ട് വികസിക്കും താമരയുടെ സ്ഥാനത്ത് മനസ്സാണ് സൂര്യ രശ്മികളുടെ സ്ഥാനത്ത് വിജ്ഞാനമാണ് അപ്പൊ ശരിയായ അറിവ് ശുദ്ധമായ അറിവ് കൊണ്ട് മനസ്സ് വികാസത്തെ പ്രാപിക്കണം അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും ഇനി മുമ്പോട്ട് പറയാൻ പോകുന്നത് കൈ അറിവിനെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും പിന്നെ മനസ്സിൻ്റെ വികാസത്തെക്കുറിച്ചുമൊക്കെയാണ് ആശാവൈവശ്യ വിവശേ ചിത്തെ സന്തോഷവർജിതേ പ്ലാനെ പത്രം ഇവ ആദർശ എന്ന ജ്ഞാനം പ്രതിബിംബം ആശാവൈവശ്യവശ ആശയുടെ വിവശത കൊണ്ട് വൈവശ്യം കൊണ്ട് വൈവശ്യം എന്ന് പറയുന്ന ആശകൾ സൃഷ്ടിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ട് ദുരാഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളുടെ വൈവശ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് വിവശമായ തളർന്ന മനസ്സ് അവശത വിവശത എന്ന് പറയുന്ന തളർച്ചയാണ് അപ്പോൾ ആശ മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കും ആ ബുദ്ധിമുട്ടുകൊണ്ട് ചിത്രം തള്ളന്നു പോകും അങ്ങനെയുള്ള ചിത്രം സന്തോഷ പറഞ്ഞതേ ഒക്കെ സന്തോഷമുണ്ടാകത്തില്ല അങ്ങനെയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സ് കഴിഞ്ഞാൽ അത് മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാക്കും ബുദ്ധിമുട്ടുകളുണ്ടാക്കിക്കഴിഞ്ഞാൽ ചിത്രം സന്തോഷം നഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിത്രത്തിൽ ജ്ഞാനം പ്രതിബിംബത്തിൽ ഞാനവിടെ പ്രതിബിംബിക്കത്തില്ല എന്ന് വെച്ചാൽ ജ്ഞാനം പ്രകാശിപ്പിക്കും മലിനമായ കണ്ണാടിയിൽ മുഖം പ്രകാശിക്കാത്തതുപോലെ തന്നെ മലിനമായ മനസ്സിലും ജ്ഞാനം പ്രകാശിക്ക മനസ്സ് മലിനമാകുന്ന ദുരാഗ്രഹങ്ങൾ കൊണ്ടാണ് അങ്ങനെ മനസ്സ് തളർന്നു അതെല്ലാം പൊതുവായ ഉപദേശങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് എല്ലാ ആധ്യാത്മിക ഉപദേശങ്ങളിലും പറയുന്ന കാര്യങ്ങൾ അജ്ഞാനധനയാമോന്യ സങ്കോചം നരാമുചം യാത്രസോ ഉദിതോയ നിത്യം സന്തോഷ സന്തോഷഭാസ്കര നിത്യമുദിതേതുവനാണോ സന്തോഷമാകുന്ന ആദിത്യം നിരന്തരം ഉദിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അസ്തമിക്കാതെ നിത്യം ഉദിതാന്ന് വെച്ചാൽ അസ്തമയെന്നും കൂടാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ആദിത്യന് എന്താണ് ആദിത്യൻ സന്തോഷം അപ്പൊ ഏതൊരുവന്റെ ചിത്രത്തിലാണോ നിരന്തര സന്തോഷം ഉള്ളത് തസ്യ നരാമുചം അങ്ങനെയുള്ള മനുഷ്യന്റെ ചിത്തം അമ്പുജന്ന് വെച്ചാൽ ചിത്രമാണ് മനസ്സ് താമര ചിത്തത്തോടൊപ്പം രൂപകമായിട്ട് പറയും അങ്ങനെയുള്ള മനുഷ്യന്റെ ആ മനസ്സ് എന്നുവെച്ചാൽ എപ്പോഴും വികസിച്ചിരിക്കുന്ന മനസ്സ് അജ്ഞാനഘനയാമി അജ്ഞാനമാകുന്ന കട്ടിയുള്ള ഇരു കൊണ്ട് അജ്ഞാനമാവുന്ന ഖനം കട്ടിയുള്ള രാത്രി എന്ന് വെച്ചാൽ ഇരളിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ കട്ടി പിടിച്ച ഇരളുകൊണ്ട് സങ്കോചം എന്ന ജാതി സങ്കോചിക്കുന്നില്ല എന്ത് മനസ്സാകുന്ന താമര എങ്ങനെയുള്ളത് എപ്പോഴും വികസിച്ചിരിക്കുന്നു എന്ന് ജ്ഞാനം കൊണ്ട് വികസിച്ചിരിക്കുന്നതാണ് ജ്ഞാനം കൊണ്ട് വികസിച്ചിരിക്കുന്ന മനസ്സ് ആരുടെ മനസ്സാണോ ജ്ഞാനം കൊണ്ട് നിരന്തരം വികസിച്ചിരിക്കുന്നത് ആ മനസ്സ് അജ്ഞാനം കൊണ്ട് അതിത്ര കടുത്ത അജ്ഞാനമായാലും ശരി അതുകൊണ്ടൊന്നും ആ മനസ്സിന് സങ്കോചം സംഭവിക്കുന്നില്ല ഇവിടെ ജ്ഞാനവും സന്തോഷം നമ്മളുള്ള ബന്ധത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനമാണ് സന്തോഷത്തുള്ളത് അജ്ഞാനം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ടും ബന്ധത്തെ കാണിക്കുക അകിഞ്ചനോ ജന്തു സാമ്രാജ്യസുഖം വശിന്റെ ആധിവ്യാധിവിനർമുക്തം സന്തുഷ്ടം യസ്യ മാനസം അഖിഞ്ചനവും അവൻ ദരിദ്രനാണെങ്കിലും ശരി അസുഖവും ജന്തുവും ഈ ജീവി കുറ്റ മനുഷ്യനെ ഉദ്ദേശിച്ചറിയണം സാമ്രാജ്യസുഖമസിനെ ഒരു സാമ്രാജ്യം കൊണ്ട് ചക്രവർത്തി നേടുന്ന സുഖത്തെ അവൻ നേടുന്നു ജോലിയ സുഖത്തെ അവൻ ദരിദ്രനാണെങ്കിലും അവൻ സാമ്രാജ്യ ലബ്ധികൊണ്ടുണ്ടാകുന്ന സുഖമാണ് ആർക്ക് യെസ് മാനസം ആരുടെ മനസ്സാണോ ആതിവ്യാധി വിലർമുക്തം സന്തുഷ്ടം ആതിവ്യാധിരഹിതമായി സന്തുഷ്ടമായിരിക്കുന്ന മനസ്സ് ഇവിടെയും സന്തോഷത്തെ സ്തുതിക്കുകയാണോ എന്നിട്ട് പറഞ്ഞെടുത്തെല്ലുതികളാണ് സ്തുതി ഒരിക്കലും നമ്മൾ വസ്തുസ്ഥിതി കഥനമായിട്ടെടുക്കരുത് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയുന്നതാണോ നടക്കരുത് സ്തുതി എപ്പോഴും അങ്ങനെയാണ് രാജാവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് സ്തുതി പാഠകന്മാരെ കൊട്ടാരത്തിൽ ജോലി എന്താണ് അവിടെ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ പറ്റിയിട്ട് സ്തുതിക്കുകയാണ് അവര് സ്തുതിക്കും രാജാവിന് നീയാണ് ഇന്ദ്രൻ നീയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജാവീന്ദ്രനോ ചന്ദ്രനോ ഇല്ല ഇപ്പൊ സ്തുതി വസ്തുസ്ഥിതി കഥനമല്ല പിന്നെ അവരെന്തിനെ സ്തുതിക്കുന്നു എന്ന് വെച്ചാൽ രാജാവിന് കേൾക്കുന്ന ഒരു സന്തോഷം സ്വന്തം മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടി രാജാവ് ആൾക്കാർ ഏർപ്പെടുത്തി വയ്ക്കുന്നതാണ് സ്തുതികൾ എപ്പോഴും അങ്ങനെയല്ല ഞാനാണ് അർത്ഥവാദം പറഞ്ഞിടത്ത് മുഴുവൻ ഒരുപാട് അർത്ഥവാദങ്ങളുണ്ട് എന്നുവെച്ചാൽ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രസ്തുതിക്കുമ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല എല്ലായിടത്തും ഒന്നുകൊണ്ടല്ലോ പിന്നെ എന്തിനാ അങ്ങനെ ആസ്തുതിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ വിലപ്പെട്ടതാണ് മഹത്വമുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടി അതിനില്ലാത്ത ഗുണങ്ങൾ ആരോപിച്ചുകൊണ്ടും അതിനുള്ള ദോഷങ്ങളെ മറച്ചു വെച്ചുകൊണ്ടും ഇങ്ങനെ സ്തുതിക്കും അതൊന്നിൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കാനാണ് സന്തോഷ മഹത്വമുള്ളതാണ് മൂല്യമുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിലെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് അതിനെ സ്തുതിക്കുന്നുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ അതിന് ഏതൊക്കെ ഭാഗങ്ങളാണ് യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുന്നത് അല്ലാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറയുന്നതിനെ നോക്കുക ആദ്യ വ്യാധി പുനർമുക്തം യെസ് ആധിയും വ്യാധിയും ഇല്ലാത്ത ഒരു മനസ്സ് സ്തുതിപരമായി പറയുന്ന ആധിയും വ്യാധിയും ഇല്ലാത്ത സ്ഥായിയായ ഒരു മനസ്സ് അങ്ങനെ ഒന്നും ആർക്കും ഉണ്ടാകുന്നു അവിടെ നമ്മൾ അറിയാൻ നമുക്ക് പറ്റുന്ന തോരാർ എന്താണോ നമ്മളും ആധിയും വ്യാധിയും ഇല്ലാത്തവരു മനസ്സാഗ്രഹിക്കും പിന്നെ കുഴപ്പമാണ് നടക്കുന്ന കാര്യം നമ്മൾ ആൾക്കാരോടും പറയും ആദി വ്യാധി വിനുക്തമായ മനസ്സിനെ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാര്യമില്ല സന്തോഷം ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് പക്ഷേ അത് സ്ഥായിയായ എന്നോട് മനസ്സിലാക്കാം ആദ്യം വ്യാധി നടക്കുന്ന കാര്യമല്ല മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യം അല്ല ആധി എന്ന് പറയുന്നത് മാനസികമായ ദുഃഖങ്ങളാണ് അതിനാണ് ആധി ഈ മാനസികമായ ദുഃഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നേക്കുമായിട്ടല്ല താൽക്കാലമായിട്ടൊക്കെ ഒഴിവാക്കാം എന്നേക്കും എന്തുകൊണ്ട് സാധിക്കില്ല കാരണം ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ ദുഃഖത്തിന്റെ നിമിത്തങ്ങൾ പുതിയതായിട്ട് എപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ആന്തരികമായും ബാഹ്യമായി ഒരു ദുഃഖത്തെ നമ്മൾ മാൾ മാറ്റിക്കഴിഞ്ഞാൽ സന്തോഷം വരും ശരിയാണ് പക്ഷേ മറ്റൊരു ദുഃഖത്തിനുള്ള അവസരം അവിടെ കിടക്കുകയാണ് പൊതുവൊരു നിമിത്തം വരും അപ്പോ എന്താ ശരിക്കും മനസ്സിൽ സംഭവിക്കുന്നത് ചിത്രം ആദ്യമില്ല വിമുക്തമാകുകയല്ല ചിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ദുഃഖത്തെ മാറ്റുന്നതിനുള്ള ഒരു പരിശ്രമം അത് നടന്നുകൊണ്ടേക്കും നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗസാധ്യതകളുണ്ട് പലപ്പോഴും രോഗസാധ്യതകളുണ്ട് പലപ്പോഴും രോഗം ബാധിക്കുകയും ചെയ്യും അപ്പോഴാണ് ആരോഗ്യത്തിന് നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക പലപ്പോഴും ദുഃഖത്തിന്റെ സാധ്യതകളുണ്ട് ജീവിതത്തിൽ ചിലപ്പോഴും ദുഃഖം ബാധിക്കുകയും രണ്ട് സംഭവിക്കും അപ്പോൾ ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി നിരന്തരം മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും അതേ സാധിക്കും തന്റെ അർത്ഥം ചിത്തം സ്ഥായിയായി ദുഃഖ സ്തുതി മാത്രമാണ് മനുഷ്യന് സാധിക്കത്തില്ല അങ്ങനെ ദുഃഖമില്ലാത്ത ഒരു മനസ്സ് എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിന് തന്നെ എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയാണ് മാനസികമായ ദുഃഖങ്ങൾ പലതരത്തിലുണ്ടാകും എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ടാവും ആ ദുഃഖത്തെ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ദുഃഖം പ്രാപിക്കാതെ നോക്കാം വിചാരം കൊണ്ട് സംസാധിക്കും ഇവിടെ ആധ്യാത്മികമായ വിചാരങ്ങൾ കൊണ്ട് പറ്റും അല്ലെങ്കിൽ മനഃശാസ പദ്ധതികളിലൂടെ പറ്റും കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി തെറാപ്പികൾ അല്ലെങ്കിൽ നമ്മൾ സാധനം ചെയ്യുന്ന വിചാരം കൊണ്ടാണ് ഞാൻ ആത്മാവാണെന്ന് വിചാരിക്കുക ഞാൻ സാക്ഷിയാണെന്ന് വിചാരിക്കുക എന്നെ ദുഃഖം സ്പർശിക്കുന്നില്ല എന്ന് വിചാരിക്കുക ദുഃഖം അനത്യമാണെന്ന് വിചാരിക്കുക ദുഃഖം മായയാണെന്ന് വിചാരിക്കുക ദുഃഖം മിഥ്യയാണെന്ന് കരുതുക ഇത്തരം മാനസികമായ അഭ്യാസങ്ങളൊക്കെ കൊണ്ട് അതിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ പറ്റും ദുഃഖം സ്പർശിക്കുന്നില്ല ഞാൻ അസംഗനായ ആത്മാവാൻ ഇതെല്ലാം ഒരു കോഗ്നേറ്റീവ് തെറാപ്പി പോലെ സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് ആത്മവിചാരങ്ങൾ ദുഃഖത്തിന് ശാന്തി വരൂ അതുപോലെ മറ്റ് ആധ്യാത്മിക സമ്പ്രദായങ്ങൾ കൊണ്ടും ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ജപിക്കുന്നു ചിലർ യോഗം കൊണ്ടു മാറ്റുന്നു ചിലർ ഭക്തി കൊണ്ട് മാറ്റുന്നു പല രീതിയിലും ദുഃഖത്തെ മനുഷ്യൻ ശ്രമിക്കുന്നു കുറേയൊക്കെ വിജയിക്കുകയും ഇതുപോലെ നഷ്ടബോധം ഉണ്ടാകുന്ന ദുഃഖം ദുഷ്കീർത്തി ഉണ്ടാകുന്ന ദുഃഖം ഇപ്പൊ മാനസികമായും ബാധിക്കുന്ന സംഭവങ്ങൾ ഭൗതികമായും പുറമേണം നടക്കുന്നതെങ്കിൽ ഇതൊക്കെ മാനസിക ദുഃഖം ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ സമയം സംഭവിക്കാം എന്നുള്ള നഷ്ടമുണ്ടാകാം പരാജയം ഉണ്ടാകാം പിന്നെ ഭാവിയെക്കുറിച്ചുള്ള വ്യാഘ്രതകൾ ദുഃഖ ഇതെല്ലാം മനുഷ്യനും ദുഃഖത്തെ ഭയം ദുഃഖത്തെ തന്റെ അസ്തിത്വത്തിന്റെ നാശം ദുഃഖത്തെ ബന്ധങ്ങൾ ദുഃഖത്തെ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴും ദുഃഖത്തെ മരണം ദുഃഖത്തെ തന്റെ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ച് മനുഷ്യൻ ദുഃഖിക്കും അന്യന്റെ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കും വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ നമ്മളെ ദുഃഖിക്കും എന്ന് ഇതൊക്കെ മാനസികമായ ദുഃഖങ്ങളാണ് ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം അപ്പൊ ഇത്തരം മാനസികമായ ദുഃഖങ്ങളെയാണ് ആധി എന്നുള്ളത് അപ്പൊ ആധിയെ മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റും രണ്ടാമെന്ന് പറയുന്നത് വ്യാധി വ്യാധി എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ രോഗങ്ങളാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ദുഃഖം രോഗങ്ങൾ എങ്ങനെയാണോ മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെയും ഒരു പരിധിവരെ ഒഴിവാക്കാം പിനർമുക്തം എന്നുകൂടെ പറഞ്ഞിരിക്കുന്ന പോലെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയത്തില്ല അപ്പോൾ വ്യാധിക്ക് മാനസിക രോഗം എന്ന് അർത്ഥം പറയുന്നു മാനസികമായ രോഗങ്ങൾ പിടിപെട്ടു കഴിഞ്ഞാൽ അത് രോഗങ്ങൾ തീവ്രമാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തെ ഒഴിവാക്കുക അസാധ്യമാണ് നമ്മൾ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് ചെയ്യുന്ന എല്ലാ പരിപാടികളെയും ഒറ്റ ബാക്കി പറയുന്നതാണ് ഒരു സെൽഫ് മാനേജ്മെന്റാണ് മാനസികമായി കടുത്ത രോഗങ്ങൾ ബാധിച്ചവർക്ക് അതൊരിക്കലും സാധിക്കില്ല പിന്നെ അവരങ്ങനെ ദുഃഖത്തെ അവര് ജീവിതകാലം മുഴുവൻ ആ രോഗത്തിന്റെ ഇരകളായി ജീവിക്കാനേ പറ്റും പിന്നെ ചികിത്സ മരുന്നു ഒരു പരിധിവരെ അവരുടെ ദുഃഖത്തെ ലഘൂകരിക്കും പക്ഷേ അതുകൊണ്ടും ദുഃഖത്തെ അവർക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റത്തില്ല അതിൽ കൂടുതൽ അവർക്ക് ആവശ്യമായിട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള പരിചരണം സാന്ത്വനം ഇതൊക്കെയാണ് പക്ഷെ സമൂഹം ഒരിക്കലും അത്തരം മാനസികമായ രോഗം കൊണ്ട് കഷ്ടത അനുഭവം അനുഭവിക്കുന്നവരോട് സഹതാപൂർവം പെരുമാറുക ഏത് സമൂഹമായാലും ശരി ആത്മീയ സമൂഹമായാലും ശരി ഭൗതികമായാലും സമൂഹമായാലും പ്രയാസം കാരണം മനസ്സിനുമായി ബുദ്ധിമുട്ടുള്ളവർ ഒന്നുമായിട്ട് നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് അവരുടെ ശരീരമോ മനസ്സോ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് അവരെ ചിലപ്പോൾ അക്രമാസക്തരാണ് ഈ എൺപതി സഹതാപമില്ലാത്ത മനുഷ്യരെ തിരിച്ചവരെ ആക്രമിക്കും അവരുടെ എന്താണ് അവരുടെ വാസ്തവത്തിലുള്ള അവസ്ഥയെന്നുള്ളത് മനസ്സിലാക്കാറ് മനുഷ്യന്റെ ക്രൂരതയാണ് ഞാനത് പറയാൻ കാരണം ഞാനൊരു നാല് വർഷത്തോളം ഇവരുടെ ഇടയ്ക്ക് ഒരു വോളണ്ടിയറായി പ്രവർത്തിച്ച് അപ്പോൾ എനിക്കത് നല്ല പരിചയമുണ്ട് ഇത്തരം ആൾക്കാർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരോട് മറ്റുള്ളവർ പെരുമാറുന്ന ക്രൂരതയും അവർ ഉപദ്രവിക്കുന്നതും മരുന്നു കൊണ്ട് മാത്രം ഒരിക്കലും അവർക്ക് സാന്തനം കൊടുക്കാൻ പറ്റത്തില്ല അവരോടുള്ള പെരുമാറ്റം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരോട് വളരെ സ്നേഹപൂർവം അതിലുപരി വളരെ കരുതലോടുകൂടി പെരുമാറിയാലേ അവർക്കെന്തെങ്കിലും ഒരു ആശ്വാസമുണ്ടാവും ഒരിലോടും മരുന്ന് അവർക്ക് വാങ്ങിക്കൊടുത്തെന്ന് വിചാരിച്ച് നമ്മുടെ ഡ്യൂട്ടി തീരുന്ന പ്രശ്നമല്ല വളരെ ശത്രുതാപരമായി കൈകാര്യം ചെയ്യുന്നതും തികച്ചും വിവരക്കേടാണ് അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരും കുറ്റങ്ങൾ വരും അതിനൊന്നും അവർ ഉത്തരവാദിയില്ല അവരിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് സീറോയാണ് ഇതൊന്നും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല ഞാൻ താമസിച്ചിട്ടുള്ള പല ആശ്രമങ്ങളിലും ഇത്തരം രോഗികളും ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും എല്ലായിടത്തും ആരും പീഡനങ്ങൾ നേരിടുക അവരെ മനസ്സിലാക്കാനോ അവരെ സാന്ത്വനിപ്പിക്കാനോ ആരും മെനപ്പെടാറ് അവരെ ശിക്ഷിക്കാൻ ആൾക്കാർ തയ്യാറാവും അവരുടെ അവസ്ഥ മനസ്സിലാക്കാറ് മാനസിക രോഗം അവർക്കെങ്ങനെയാണ് സന്തോഷം വരുന്നത് ഇപ്പോൾ എന്താണ് വ്യാധിയും ഗുണർമുക്തമായ മനസ്സ് ഒരുക്കുന്നവർക്ക് സാധിക്കും കുറേയൊക്കെ കാരണം വൈദ്യശാസ്ത്രം അവരിൽ പരാജയപ്പെടുകയാണ് ഇന്ന് വൈദ്യശാസ്ത്രത്തിന് മറ്റെല്ലാ ചികിത്സാ മേഖലകളിലും ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഈ ഒരു ചികിത്സാ മേഖലയിൽ ഇന്നും വളരെ പിന്നോക്ക അവസ്ഥയിലാണ് എന്ന് വെച്ചാൽ ആ രോഗത്തെ മാറ്റാൻ മരുന്നില്ല പിന്നെ അവര് പറയും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നെല്ലാം പറയും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ൊരു പീഡനമാണ് കാരണം അവർക്ക് ഒന്നും റെഗുലറൈസ് ചെയ്യാൻ കഴിയത്തില്ല അവരവിടെ ആവശ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായി മരുന്ന് കഴിക്കണം അതവർക്ക് സാധിക്കില്ല അവരുടെ കുറ്റമല്ല അത് അത് അവരെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യമാണ് അപ്പൊ കൃത്യമായി മരുന്ന് കഴിക്കാത്തതിന് അവരെ ശകാരിക്കും വേണ്ടിയൊന്നും അപ്പോ ഈ രോഗികളെ ചികിത്സിക്കുന്നവരും കൂടി ബോധമില്ലാതെ പ്രവർത്തി അതാണ് ഇത്തരം രോഗമായിട്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യുന്നവരെ അവിടെയുള്ള രോഗികൾ തല്ലിക്കൊല്ലുന്നത് കാരണം രോഗികൾക്ക് രോഗികളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അവിടെയുള്ള മനുഷ്യർ അവർക്ക് ശരിയായ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് അവർ ഇവരോട് വളരെ ക്രൂരമായി പെരുമാറും അപ്പോൾ ഈ മാനസിക രോഗത്തിൽ നിന്ന് മുക്തനായി ഒരാൾ സന്തോഷമായിരിക്കുമെന്ന് പറയുന്നത് ഒരു പൊട്ട കഥയാണ് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ് അവരോട് നമ്മൾ വളരെയധികം കരുതലോട് പെരുമാറിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിനു വിടാതെ കുറേയൊക്കെ അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും അത്രയോ ചികിത്സ കൊണ്ടത് രോഗത്തെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ ഒരു അസുഖം വരുന്നു മരുന്ന് കഴിയുകയും സർജറി നടക്കുന്നു അസുഖം നമ്മൾ മാറ്റുന്നു അതുപോലെ അത് സാധിക്കില്ല അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അത് ഒരിക്കലും നടക്കുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടത് പരിചരണമാണ് അതുകൊണ്ട് മാത്രമേ അവർ കുറച്ചെങ്കിലും സാന്ത്വനം കിട്ടത്തൂ അല്ലാതെ അവരെ അവഗണിക്കുക അവരാക്രമിക്കുക എന്നിട്ട് മിടുക്കന്മാരാകുക വളരെ മോശം പ്രവൃത്തികളാണ് ഇവരൊക്കെയാണ് തിരിച്ചറിവില്ലായ്മയാണ് ഒരുപാട് സ്ഥലത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അവർക്ക് സ്വയം അവരെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ എളുപ്പം ആത്മഹത്യ ചെയ്ത് കയ്യിൽ നിന്ന് പോയി ജീവിതത്തിന്റെ സർവ നിയന്ത്രണങ്ങളും സ്വന്തം കയ്യിൽ നിന്ന് പോയി അവർ എന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അപ്പൊ ചിലപ്പോൾ അവർ പ്രാത്മത അത്തരം മാനസികമായ വ്യഥ അനുഭവിക്കുന്നവരോ മനുഷ്യനെ ഒരിക്കലും ക്രൂരമായി പെരുമാറാൻ പാടില്ല ഒരിക്കലും അവരെ അവഗണിക്കാൻ പാടില്ല ഇത് കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു അവരെ സഹായിച്ചില്ലെങ്കിലും അവരോട് നമ്മള് അനുകമ്പയോടെ സ്നേഹത്തോടെ പെരുമാറാനെങ്കിലും പഠിക്കും അപ്പോ അത്തരം മാനസിക മാനസിക രോഗം വേദിയുടെ അർത്ഥം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് അതിൽ നിന്നെങ്ങനെ ഒരു മനസ്സ് നിഴമുക്തമാക്കുന്നു മുക്തമാകുന്നെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ് ആത്മവിചാരം കൊണ്ട് ഞാൻ സാക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചം മിഥ്യയാണെന്ന് വിചാരിച്ച് എന്റെ മനസ്സിൽ നടക്കുന്നതൊക്കെ മായാണെന്ന് വിചാരിക്കാൻ ഈ മനുഷ്യർക്ക് കഴിയും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർക്കിതിൽ നിന്നൊക്കെ നേടാൻ പറ്റും അവർക്ക് എന്തെങ്കിലും ഒരു ആധ്യാത്മിക സാധനമോ ധ്യാനമോ യോഗയോ എന്തെങ്കിലും റെഗുലറായിട്ട് ചെയ്യാൻ കഴിയും അവർക്കൊന്നും സാധ്യമല്ല അവരുടെ ജീവിതം അവരുടെ കയ്യിലല്ല ജാതി വിനോമമാകുന്ന മനസ്സ് ആത്മീയത കൊണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഭ്രാന്തി മാത്രമാണ് അവർക്കും ഭ്രാന്തിയുണ്ട് നമ്മൾക്കും ഭ്രാന്തിയാണ് മറ്റൊരു തരം നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഇതൊന്നും ഈ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് ഇന്ന് വസ്തുസ്ഥിതി കഥനുണ്ട് ഒരു സ്തുതി മാത്രം മാനസികമായ വ്യാധികളത് വളരെ ലഘുവാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും അത് തീവ്രമായി കഴിഞ്ഞ ഒരു ലക്ഷ്യമില്ല അവർക്കതിൻ്റെ ഒരു ഇരയായി ജീവിക്കാനേ പറ്റും അതിന് ഒരു ആധ്യാത്മികമായോ ഭൗതികമായോ ഒരു പ്രതിവിധികളും ഇന്ന് നിലവിലില്ല ആധ്യാത്മിക കാര്യങ്ങൾ ഒന്നും അവർക്കത് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കന്യാകുമാരിക്ക് അടുത്തൊരു സ്ഥലമാണ് ഞാനവിടെ പലതവണ പോയിട്ടുണ്ട് പലതവണയല്ല പലതവണ അവിടെ ഈ മാനസിക രോഗികളെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നു ചങ്ങനയ്ക്ക് കെട്ടിയിടുന്നു എന്തൊക്കെയാ കാണിക്കുന്നു അവിടുത്തെ വിശ്വാസം അവിടെ ഒരു കിണറുണ്ട് ആ കിണറിലെ വെള്ളം കുടിച്ചെല്ലാം മാറുന്നു ഇവർ കുറേ ദിവസം അവിടെ ഇത് ഒരു എപ്പിസോഡിക്കാണ് ഈ മാനസികമായ അസുഖത്തിന്റെ തീവ്രത കൂടി വരും അപ്പം ഇവരെ കെട്ടിയിടും കുറച്ചുനാലം കഴിയുമ്പോൾ ഇത് തനിയും ശ്രമിക്കും നമ്മൾ പറയും വാവുന്ന കൂടിയതാണ് വാവും സംക്രാന്തിയൊന്നുമല്ല രോഗത്തിന്റെ പ്രത്യേകതയാണ് കുറയും അസുഖം മാറിയും മറിഞ്ഞ് വീട്ടിൽ പോകും കുറച്ച് ഇതേ പ്രശ്നമായിട്ട് അവർ അവിടെ തന്നെ ഒരേ പേരെവിടെ അതൊന്നും ഒരു ചികിത്സാ രീതിയല്ല അങ്ങനെ ഒന്ന് ചികിത്സിക്കാൻ പറ്റും അപ്പൊ മാനസിക വ്യാധി വിനർമുക്തമാകുന്നു ആത്മവിചാരം കൊണ്ടെന്നൊക്കെ പറയുന്ന ശുദ്ധ അസംബന്ധമാണ് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മാറാം പിന്നെ ശാരീരികമായ വ്യാധി അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം അത് മാറ്റാൻ പറ്റുമോ പറ്റില്ല എന്ന് പറയുന്നില്ല ചില ഭാഗങ്ങളിലൊക്കെ അത് കഴിയും ഒരു പരിധിവരെ ഒരു പരിധിവരെ കഴിയും പക്ഷേ കഴിയാത്ത ഭാഗങ്ങളോ മാനസികമായ ദുഃഖമുണ്ടാകുക രോഗമുണ്ട് മാനസികമായ ദുഃഖമുണ്ടാകുന്നത് പ്രധാനമായിട്ട് പെയ്ന വേദന വേദനയെ തുടർന്ന് ദുഃഖമുണ്ടാകുക അപ്പോ വേദനയെ മാറ്റാതെ എങ്ങനെയാ ദുഃഖം അപ്പോൾ ആ വേദനയെ ചികിത്സിച്ച് വേദനയുടെ തീവ്രത കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു ശേഷി ഉണ്ടാവും അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കും അത് ഒരു പരിധി കഴിഞ്ഞേ സാധിക്കും അല്ലാതെ വേദന വേദനയുടെ തീവ്രതയിൽ നിങ്ങൾ ഞാൻ ആത്മാവാണ് പ്രപഞ്ചം മിത്യാണ് വേദന മിത്യാണ് എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്ന ആ സംഭവം അവിടെ വർക്ക് ചെയ്യത്തില്ല ബ്രെയിൻ അതിനെ അനുവദിക്കത്തില്ല പിന്നെ അതിൻ്റെ പ്രപഞ്ചത്തെ മിത്യമാകും അവിടെ അത് വർക്ക് ചെയ്യത്തില്ല അന്ത്യം അതിനെ ശമിപ്പിക്കണം അതിനെ ശമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ കൊണ്ടേ സാധിക്കും അല്ലാതെ ഒരു മാജിക് കൊണ്ടും നടക്കട്ടില്ല അതുകൊണ്ട് വേദനയെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാനുള്ള മനസ്സിന്റെ ശേഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് ചിന്തിച്ചൊക്കെ സമാധാനം കണ്ടെത്തും അവിടെയാണ് തെറാപ്പിയൊക്കെ വർക്ക് അപ്പൊ ശാരീരികമായ വേദന പോലും അത്തരം വേദന അക്യൂട്ട് പെയിൻ എന്ന് പറയും അവിടെ ദുഃഖനിവൃത്തി ഉണ്ടാകത്തില്ല വേദനയുടെ അനുഭവം തന്നെ ദുഃഖമാണ് പിന്നെ ക്രോണിക് പെയിനുണ്ട് അവിടെ മാനസികമായ ചികിത്സകളോ വിചാരങ്ങളോ എല്ലാം കൊണ്ട് അവിടെ സാന്ത്വന ചികിത്സ ആയിട്ടിതെല്ലാം പ്രവർത്തിക്കും വാലിയേറ്റീവ് ഭാഗമായിട്ട് നടക്കും അത് ക്രോണിക് പെയിനാണ് നടക്കുന്നത് അക്യൂട്ട് പെയിനല്ല അതുകൊണ്ട് ഈ പറയുന്നതെന്നും അങ്ങനെ മുഖവരയ്ക്കും കൊടുക്കരുത് ഇത് ശാസ്ത്രം പറയുന്നതാണ് സയൻസ് പറയുന്നു നടക്കില്ല എന്നുള്ളത് അല്ല അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുക എന്താണോ മാനസികമായി ഞാൻ വേദനയെല്ലാം കൈകാര്യം ചെയ്യും പ്രപഞ്ചം എനിക്ക് മിഥ്യയാണ് അതുകൊണ്ട് വേദന മിഥ്യയാണെന്നൊക്കെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നല്ലൊരു സർജറി നടത്തണം അനസ്തീഷിയില്ലാതെ അപ്പോ അറിയാം നല്ല സർജറി ആയിരിക്കണം ചെറിയ ഇപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ചെറിയ അൾസറൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ടിയൊന്നും അനസ്തീഷി ഇല്ലാതെ തന്നെ അതിനെയൊക്കെ അറുത്തു മാറ്റം കാരണം അവിടെയൊക്കെ ഡെഡ് ടിഷ്യൂസ് ആയി അതിനെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് നെർവ് എൻഡിങ്സ് ഒക്കെ കേടായിരിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ശരീരത്തിൽ ബാക്കിയുമായ മുറിവുകളൊക്കെ അപ്പൊ ഞാനൊഴുകിയ ഒരു കാഴ്ച കണ്ട് ഒരു പശുവിനവനോ ഡോക്ടറെ ചികിത്സിക്കുന്നു ആ പശുവിന്റെ ദേഹത്തൊരു വലിയ മുഴ വളരെ അത് പഴുത്തിട്ടതിൽ നിന്ന് എന്തൊക്കെ പുറത്തു വരുന്നുണ്ട് വെറ്റിനറി ഡോക്ടറെ വന്നിട്ട് വലിയൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഭയമാണ് ഡോക്ടറിനോട് പറഞ്ഞു ഇതങ്ങ് എടുത്തുകളോ ഞാൻ പറഞ്ഞു ഇത് എടുത്താൽ ഇത് വേള ഉണ്ടാക്കത്തില്ല ഇല്ല വേള ഉണ്ടാക്കത്തില്ല ഞാൻ എനിക്കതിശ്യമായി എങ്ങനെയാണ് വേള ഉണ്ടാക്കാതി കാരണം അവിടത്തെ ആ ടിഷ്യെല്ലാം നശിച്ചിരിക്കുകയാണ് അവിടെ ഒരു വലിയ കത്തി എടുത്ത് സെർജിക്കലിനെ എടുത്തിട്ട് അതിന്റെ ചുറ്റുമറ്റൊരു ഒറ്റ കറക്കം ഒരു ക്രിക്കറ്റ് ബാലും ബാളിന്റെ അത്രയുള്ള ഒരു സാധനം ഇങ്ങ് പുറത്തുനിന്നു ഈ പശു അനങ്ങിയില്ല അതറിഞ്ഞതല്ല ഞാൻ നേരിട്ട് കണ്ടുവരും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ സെൻസേഷൻ നശിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ചെയ്യാം മറിച്ച് അനശേഷിയില്ലാതെ നമുക്കൊരു സർജറി ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് വേദന കൂടിക്കഴിഞ്ഞാൽ അത് ഷോക്കാവും ഷോക്കായി കഴിഞ്ഞാൽ മറ്റു പല ശാരീരിക പ്രശ്നങ്ങളുണ്ട് രോഗി കോമയിലേക്ക് തന്നെ പോകും അതുകൊണ്ട് അക്യൂട്ട് പെയിൻ എന്ന് പറയുന്ന മനുഷ്യന് സഹിക്കാനോ ഒന്നും പറ്റില്ല എനിക്കൊരിക്കലൊരു വേദനയുണ്ട് നല്ല വേദന തൽക്കാലം സഹിക്കല്ല എന്ന് വർത്തിയില്ല ഞാൻ സഹിച്ചിട്ട് ഡോക്ടറെടുത്തിയെന്ന് പറഞ്ഞു പറഞ്ഞെങ്കില് ഡോക്ടർ പറഞ്ഞു ചെയ്തത് വളരെ മണ്ടത്തനാണ് അത്ര ഒരു പെയിൻ ഒരു അക്യൂട്ട് പെയിനാണ് ഒരിക്കലും സഹിക്കാൻ നോക്കരുത് സഹിക്കുന്നത് ഏറ്റവും വലിയ പൂണിഷ് പ്രശ്നം നമ്മളെന്തുകൊണ്ടാണ് സഹിക്കുന്നത് നമ്മളെ തെറ്റായ പാഠങ്ങളാണ് പഠിപ്പിച്ചിട്ട് എന്താണ് സഹനം സർവ്വദുഃഖാന അപ്രതീകാരപൂർവകം ഇത് പഠിച്ചു വെച്ചിട്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത് ശുദ്ധ വിവര കേടാണ് വിവരമില്ലാത്ത ആരും എഴുതി വെച്ചാണ് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് സഹിക്കാൻ പാടില്ല ഉടൻ തന്നെ എന്തു ചെയ്യണം വൈദ്യശാസ്ത്രത്തിൽ നിന്നുള്ള പ്രതിവിധി തന്നെ അതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അതിന് വൈദ്യശാസ്ത്രത്തിന് അതിനുള്ള പ്രതികരിക്കുന്നുണ്ട് നമ്മൾ അതാണ് തേടേണ്ടത് അല്ലാതെ തീവ്രമായ വേദന വരുമ്പോൾ സഹിക്കുകയല്ല പൊട്ടിത്തവണം പക്ഷെ ഇങ്ങനെയൊക്കെ പഠിച്ചുവെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കി പോകും അപകടമാണ് അതുകൊണ്ട് ശാരീരികമായ രോഗമോ മാനസികമായ രോഗമോ ഒരു പരിധിക്കപ്പുറം മനുഷ്യന് സഹിക്കില്ല സഹിക്കുന്നത് മണ്ടത്തരമാണ് സഹിക്കാൻ നൽകിയല്ല സഹിച്ചാൽ അയാൾക്ക് ഷോപ്പുണ്ടാകും പല പ്രശ്നങ്ങളുണ്ടാകും എന്നാൽ ഒരു ഭാഗവത്തൊക്കെ നമുക്കത് സഹിക്കാനും കഴിയും ഇതിനി ഒരിക്കലും മാറത്തില്ലോ എന്നുള്ള വേവലാതി നമുക്ക് ഒഴിവാക്കാം എനിക്കിത് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ള വേവലാതി അല്ല ഈ കഠിനമായ വേദനകളെ സഹിക്കുന്നതാണ് ആത്മീയ മഹത്വം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ മണ്ടത്തരമാണ് സ്പിരിച്വൽ അനസ്തേഷ്യ അങ്ങനെ ഒരു സാധനം അങ്ങനെ നമ്മൾ ധരിക്കരുത് അങ്ങനെയൊന്നില്ല അതുണ്ടെന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമ്മൾ സഹിക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ചില താൻവരിയെ ത്യാഗിയാണ് യോഗിയാണെന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കടിച്ചു പിടിക്കും കപാടമാണ് അപ്പൊ ആധിവ്യാധി വിനമുക്തം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തെ ശരിയല്ല ദുഃഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ സഹിക്കാം അതിനപ്പുറത്ത് സാധ്യമല്ല അതുകൊണ്ട് ഇതൊന്നും അക്ഷരാർത്ഥത്തെ എടുക്കരുത് ഇതിനുമ്പ് വന്ന ഭാഗങ്ങൾ പലതും ഇതിനോട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന ഭാഗങ്ങളും അങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്